എന്നാൽ ഞങ്ങൾ പല തലമുറകളെയും സൃഷ്ടിച്ചു അവർക്ക് ആയുസ് വർദ്ധിപ്പിക്കുകയും ചെയ്തു മധ്യനിവാസികളുടെ ഇടയിൽ താമസിച്ച് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അവർക്ക് ഓദിക്കൊടുക്കുന്നവനായി നീയുണ്ടായിരുന്നില്ല എന്നാൽ ഞങ്ങൾ ദൂതന്മാരെ അയച്ചവരായിരുന്നു